अंधकर्णो वर्तो उपि अस्य शास्त्रात्कारे सर्ववादी निर्मोघः तसि तदुबादे विनश्यतवस्तस्य सो परुवादी विरोधिनो विद्यमानत्वः अंधकर्णा वर्तो साक्षात्कारे अंधकर्णा वर्तियाण साक्षात्कार अपो सर्वो उपादी സർവോപാധി നാശം വിനർമുക്തി അതിന് ബ്രഹ്മത്തിന് സർവ ബ്രഹ്മ സർവോപാധികളിൽ നിന്നും മുക്തമാകുന്നില്ല എന്തുകൊണ്ട് തസീവ ആ ബ്രഹ്മത്തിന് തന്നെ തതുപാധിയെ ആന്തക്കണ്ണ വൃത്തിയാകുന്ന ഉപാധി വിനശ്യതവസ്ഥ അത് അടുത്ത ക്ഷണം നശിക്കാൻ പോവുകയാണ് അടുത്ത ക്ഷണം നശിക്കാൻ പോകുന്നതുകൊണ്ടാണ് ആ വൃത്തിയെ വിനസ്യുമ്പുള്ള അവസ്ഥാധി ആവിദ്യ അത് വിദ്യമാനത്വ അത് നിലനിൽക്കുന്നു അതുകൊണ്ട് സർവ ഉപാധിമോകാന്ന് പൂർവ്വത്തോടെ അന്വേഷിക്കുന്നു അതായത് തസീവാന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് തന്നെ തതുപാധിയായി ആ ഉപാധിയുണ്ടേത് എന്തക്കെണ് വൃത്തിയാകുന്നു ഉപാധി അതെങ്ങനെയുണ്ട് വിനശിതാവസ്ഥ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ക്ഷണത്തിൽ എന്തക്കണ് ഉത്പത്തി അടുത്ത ക്ഷണത്തിൽ ആ അതേ സമയം തന്നെ എന്ത് ചെയ്യുന്നു വൃത്തി നശിക്കുന്നു വിദ്യ നാശം സംഭവിക്കുമ്പം തന്നെ കുറച്ച് നാശം സംഭവിക്കുന്നു അതാണ് ഇവിടെ സ്ഥിരം ചെയ്യുന്നത് അപ്പോ അവിടെ എന്ത് സംഭവിക്കുന്നു അന്തക്കരണവൃത്ത് സാക്ഷാത്കാരം ഈ സാക്ഷാത്കാരം എന്ന് പറയും ഇതിനകത്തൊക്കെ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഒരിക്കലും വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ പറ്റിയ ഒന്ന അന്ധകരണവൃത്തി സാക്ഷാത്കാരം എന്ന് പറയുമ്പോ അന്ധകരണവൃത്തി ജഡമാണ് പിന്നെ ബ്രഹ്മ സാന്നിധ്യത്തിലാണ് ആ വൃത്തിയുള്ളത് അതുകൊണ്ട് ബ്രഹ്മ ചൈതന്യം അല്ലെങ്കിൽ ബ്രഹ്മപ്രതിബിംബം ആ വൃത്തിയിലുണ്ട് അപ്പോ അത് ബ്രഹ്മ സാന്നിധ്യത്തിലിരിക്കുന്ന സൂക്ഷ്മമായ അന്ധകരണവൃത്തിയില് ചൈതന്യം ഉണ്ടാകും ബ്രഹ്മപ്രതിവയും പോകുന്നു ജ്ഞാനപ്രതിവയും പോകുന്നു പറയാം അപ്പോൾ ആ ചൈതന്യം അല്ലെങ്കിൽ അത് ജ്ഞാനപിന്നമാണെന്ന് പറയാം എന്തായാലും അതിന് ജ്ഞാനമുണ്ട് ആ ജ്ഞാനമുള്ളത് കൊണ്ടാണ് അതിന് സാക്ഷാത്കാരമെന്ന് പറയുന്നത് അത് അപരോക്ഷ വൃത്തിയെന്ന് പറയുന്നത് അവിടെ ജ്ഞാനം കൂടെ ഉണ്ട് അവിടുത്തെ പ്രത്യേകത അതാണ് അത് ജ്ഞാനം ഏതോ രീതിയിൽ ആ വൃത്തികളിലുണ്ട് സാറിന് ഇപ്പോ ഘടാകാരത്തിണ്ടാവും ഉണ്ടാവും അപ്പം വൃത്തിയാകരണം ചെയ്തിരിക്കുന്ന വേദാന്തരിഭാഷ വരുന്നതാണ് നശിപ്പിച്ചിട്ട് ആ വൃത്തിയിലുള്ള ജ്ഞാനം ഘടത്തെ പ്രകാശിപ്പിക്കും പൊതുവെ അങ്ങനെയാണ് സ്വീകരിക്കുന്നു കൂടെ ബ്രഹ്മത്തിന് അഖണ്ഡാകാര വൃത്തിയുണ്ടായി ബ്രഹ്മത്തെ വിഷയമാക്കുന്ന ഒരു വൃത്തി അപ്പോ ആ വൃത്തിയിലും ജ്ഞാനമുണ്ടായി ഈ ജ്ഞാനത്തിന് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ബ്രഹ്മസ്വയം പ്രകാശം ഘടസ്വയം പ്രകാശം ഉള്ളതുകൊണ്ടാണ് ഘടവൃത്തി അല്ല ജ്ഞാനം ഘടത്തെ പ്രകാശിപ്പിക്കുക അപ്പോൾ ഈ അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്നത് ജ്ഞാനത്തോടു കൂടിയ വൃത്തി ബ്രഹ്മത്തെ വിഷയമാക്കുന്നു എന്ന് പറയുന്നതിന് അദ്വൈത സിദ്ധാന്തത്തിന് യോജിക്കത്തില്ല കാരണം ബ്രഹ്മസ്വയം പ്രകാശമാണ് അതിനെന്തിന വിഷയമാക്കുന്നത് അതിനെന്തിനാ അപരോക്ഷ വൃത്തിയുടെ ആവശ്യം കാരണം ഈ അവിദ്യ എന്ന് പറയുന്നത് അപരോക്ഷമാണ് ആ വിദ്യ എല്ലാവർക്കും പ്രത്യക്ഷമാണ് ജ്ഞാനം ആ വിദ്യ ഒക്കെ ഇവിടെ ഒരർത്ഥത്തില പറ അത് പ്രത്യക്ഷമാണ് ആ പ്രത്യക്ഷമായിരിക്കുന്ന ആ വിദ്യയെ നശിപ്പിക്കാൻ ഇവിടെ ഈ ജ്ഞാനസഹിതമായ വൃത്തിയുടെ ആവശ്യമുണ്ട് അപ്പൊ വൃത്തിയുടെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ് ആ വിദ്യയെ അല്ല ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുകയല്ല ബ്രഹ്മത്തെ വൃത്തി വിഷയമാക്കി കഴിഞ്ഞാൽ അത് പരിച്ഛിന്നമാവും സവിഷയമായതെല്ലാം എന്താണ് പരിച്ഛിന്നമാണ് അപ്പം ബിത്തേക്ക് ഒരുക്കിയാലും ബ്രഹ്മ വിഷയം സ്വീകരിക്കാൻ പറ്റില്ല ഇവിടെ ബ്രഹ്മാകാരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ബ്രഹ്മവിഷയം എന്നാണ് പക്ഷെ ഘടവിഷയം എന്ന് പറയുന്ന പോലെ ബ്രഹ്മവിഷയം എന്നെ നോക്കത്തില്ല ഘടത്തിൽ അത് ഇവിടെ പറയാൻ പറ്റില്ല ബ്രഹ്മസ്വയം പ്രകാശം അപ്പൊ അപരോക്ഷ വൃത്തി ഉണ്ടാവുന്നു അതിന് ജ്ഞാനപ്രകാശം ഉണ്ടാകുന്നു ആ വൃത്തി അവിദ്യയെ നശിപ്പിക്കുന്നു ബ്രഹ്മസ്വയം പ്രകാശിക്കുന്നു ഇത്രയും പറയാൻ പറ്റും ആ പ്രക്രിയ എങ്ങനെയാണ് അതാണ് ഇവിടെ പറഞ്ഞത് ആ ഉണ്ടാകുന്ന ക്ഷണം അത് വിനസിത അവസ്ഥയാണ് കാരണം അടുത്ത ക്ഷണത്തിൽ അത് നശിക്കാൻ എന്തുകൊണ്ട് അടുത്ത ക്ഷണത്തിന് അജ്ഞാനം നശിക്കും അന്യാനം നശിക്കുമ്പം തന്നെ എന്റെയും ഈ വൃത്തിയും നശിക്കും നശിക്കും അതുകൊണ്ട് തന്നെ പറയുന്നു അത് സ്വപരവിരോധിയാണ് അത് ഉത്പന്നമാകുമ്പം തന്നെ പരവിരോധിയാണ് പരം എന്ന് പറയുന്നത് അവിദ്യക്ക് വിരോധിയാണ് ഞാനത് അവിദ്യയുടെ വിരോധിയാണ് പിന്നെ സ്വവിരോധിയാണെന്നുകൊണ്ട് അത് അവിദ്യയെ നശിപ്പിച്ചിട്ട് അടുത്ത ക്ഷണവും നെയ്യുന്നു അതും നശിക്കുന്നു അപ്പൊ സ്വവിരോധിയാണ് പരവിരോധിയാണ് ഇതേ കാര്യങ്ങളിൽ നിന്നും വോട്ട് ചെല്ലുമ്പോൾ അവിടെ വീണ്ടും വരും ഇതെല്ലാം ഇവിടെ പറയുന്നു ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒന്ന് അഖണ്ഡാകാരം എന്ന് പറയുന്നത് തന്നെ ശരിയല്ലേ എന്തുകൊണ്ട് ബ്രഹ്മം സ്വയം പ്രകാശമാണ് അതിനെ പ്രകാശിപ്പിക്കേണ്ട പിന്നെ ആ വിദ്യയെ നശിപ്പിക്കാൻ സാധാരണ വൃത്തി പോലെ ഉണ്ട് വൃത്തി അഖണ്ഡ ബ്രഹ്മാകാര വൃത്തിയെന്ന് പറയുന്നു കാരണം ആ വിദ്യ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് വൃത്തി അവിടെ ആവശ്യമാണ് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം ഉള്ളൂ അപ്പോ ഇവിടെ പറയുന്ന എന്താണ് ആ വൃത്തി വിനസിതാവസ്ഥ ആണെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം അത് സ്വവിരോധിയും പരവിരോധിനിയുമാണ് അങ്ങനെയുള്ള ആ വൃത്തി സാക്ഷാത്കാര സമയത്ത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് ആ വൃത്തി നശിക്കുന്നതിനു മുമ്പുള്ള ക്ഷണമാണ് ഉത്പത്തിക്ഷണമാണ് ഉത്പത്തിക്ഷണമാണെന്ന സാക്ഷാത്കാരോഷവൃത്തി ഉണ്ടാകുന്ന ക്ഷണം അപ്പോ ആ ക്ഷണം ്രഹ്മുണ്ട് വൃത്തിയുണ്ട് അതുകൊണ്ട് ബ്രഹ്മം ആ സമയത്ത് സ്വാഭാവികമാണ് അതാണ് എന്താ സർവോപാധി വിനിർമോ ബ്രഹ്മത്തിനപ്പോൾ സർവ്വോപാധികളിൽ നിന്നുള്ള മോക്ഷം സംഭവിക്കുന്നില്ല ആ പ്രഥമക്ഷണത്തിൽ എന്തുണ്ട് ബ്രഹ്മമുണ്ട് വൃത്തിയുണ്ട് ആ വൃത്തിയെ തന്നെയാണ് എന്തു പറയുന്നത് സാക്ഷാത്കാരം അതുതന്നെയാണ് സാക്ഷാത്കാരം കാരണം അടുത്ത ക്ഷണത്തിൽ വൃത്തി നശിക്കുന്നു പിന്നെ സാക്ഷാത്കാരം ഉണ്ടോ അപ്പൊ സാക്ഷാത്കാര ക്ഷണത്തിൽ ബ്രഹ്മം സ്വാഭാവികമാണ് എങ്കിലും ഈ വൃത്തി ബ്രഹ്മത്തെ വിഷയമാക്കുന്നു വൃത്തിയെ വിഷയമാക്കുന്നില്ല എന്ന് പറയുന്നിടത്തും പ്രശ്നമുണ്ട് ഒന്നാമത് വൃത്തിജടമാണ് അതിനൊരിക്കലും ബ്രഹ്മത്തെ വിഷയമാക്കാൻ പറ്റില്ല ഇനി ചൈതന്യസഹിതമായ വൃത്തിയാണ് വിഷയമാക്കുന്നെന്ന് പറഞ്ഞാലും അതിന്റെ ആവശ്യമില്ല ബ്രഹ്മം എന്താണ് സ്വയം പ്രകാശം ആണ് മെഴുകുതിരി കൊണ്ട് സൂര്യനെ പ്രകാശിപ്പിക്കാൻ പറ്റും അപ്പോദ്യന്തക്കരണ വൃത്തി ആവൃത്തിക്കെങ്ങനെ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും സ്വയം പ്രകാശം അതിന് അതുകൊണ്ട് ആ പ്രശ്നങ്ങളുണ്ട് ഇനി വേറെയും പ്രശ്നമുണ്ട് അഖണ്ഡകാല വൃത്തി വന്നത് ബ്രഹ്മത്തിന്റെ കാര്യമാണ് സോറി അവിദ്യയുടെ കാര്യമാണ് അവിദ്യ നശിപ്പിച്ചു അവിദ്യയെ നശിപ്പിക്കാൻ കുറച്ച് വച്ചിട്ട് നശിപ്പിക്കൂ കാരണം അവിദ്യ നശിച്ചാല് അവിദ്യ അസ്തമയോ മോക്ഷ വിദ്യയുടെ നാശമാണ് മോക്ഷമെന്ന് പറയും അപ്പൊ മോക്ഷം വേണമെങ്കിൽ എന്തുവേണോ അവിദ്യ പൂർണ്ണമായും നശിപ്പിക്കും നിവൃത്തിയുണ്ടോ അവിദ്യ നശിച്ചു അവിദ്യം നശിച്ചുകഴിഞ്ഞാ വൃത്തിയുണ്ട വൃത്തിയും നശിച്ചു അപ്പൊ അവിദ്യയും നശിച്ചു വൃത്തിയും നശിച്ചു ഇപ്പൊ എന്താ ഉള്ളത് ബ്രഹ്മം മാത്രം അപ്പൊ പിന്നെ ജീവൻ മുക്തനെന്നാരെയാണ് വിളിക്കുന്നത് ജീവൻ മുക്തനെന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ കാരണം അവിദ്യം അവിദ്യയുടെ കാര്യമെല്ലാം നശിച്ചു അവിദ്യം നശിച്ചാൽ അവിദ്യയുടെ കാര്യം അതുകൊണ്ട് ഇവിടെ അവിദ്യ എന്ന് പറയുന്നത് കൊണ്ട് ഓരോ ജീവനും പ്രത്യേകം പ്രത്യേകം ആവിദ്യ സ്വീകരിക്കും രണ്ടുപക്ഷമുണ്ട് അവിദ്യ ഏകമാണെന്നുള്ള ഒരു പക്ഷമുണ്ട് അവിദ്യ നാനാണെന്നുള്ള പക്ഷമുണ്ട് അവിദ്യ ഏകമാണെന്നുള്ള പക്ഷത്തിൽ എന്താ കുഴപ്പം വരുന്നത് എല്ലാവരും തരാവും ഏകജീവവാദത്തില് അങ്ങനെയാ സ്വീകരിക്കുന്നത് ഏകാവിദ്യ അപ്പൊ ആവിദ്യ നശിച്ചു കഴിഞ്ഞാൽ എന്തൊരു പ്രപഞ്ചമേ ഇല്ല സർവരും മുക്തരായി അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല ആരും ഇതുവരെ മുക്തരായിട്ടില്ലെന്ന് പറയുന്നത് അങ്ങനെ തന്നെ അവർ പറയുന്നത് ഇതുവരാരും ഏകജീവവാദം എന്ന് പറയുന്ന ഒരു പ്രകാശ നീതി പോലെയുള്ള ആൾക്കാരുണ്ട് ഇതില് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു പക്ഷമായിട്ട് ഇത്ത മനുഷ്യൻ വെറൈനെ പഴയകാലത്ത് രാജാക്കന്മാർ ചെല്ലും ചെലവും കൊടുത്ത് പണക്കിഴിയൊക്കെ കൊടുത്തിരിക്കുമ്പോൾ ഇവരിന്ന് കുത്തിയിരുന്ന് ചിന്തിച്ച് ഓരോന്നിങ്ങനെ കെട്ടിപ്പൊക്കിയെടുക്കുന്നതല്ലേ പഴയകാലത്ത് കൊട്ടാരങ്ങൾ കെട്ടുന്നതുപോലെ എന്താണ് ചിന്താ കൊട്ടാരങ്ങൾ കെട്ടിയെടുത്ത് ഇങ്ങനെ ഓരോ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നവരുടെ ഒരു രസം എന്നിട്ട് ഇവർ പരസ്പരയിൽ നിന്നെയും തർക്കിക്കും അല്ല ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ പഴയ കാലത്ത് ഒരു രസം അല്ല ഇത് വേറെ കഴമ്പൊന്നുമില്ല ഇത് ഇന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് കാരണം ഇതെല്ലാം എന്താണ് ചിന്താസൌദങ്ങളാണ് എല്ലാ സങ്കല്പത്തിലാണ് അങ്ങനെ ഇങ്ങനെ മറ്റവൻ അവനതുവഴി പോയി ഇത് വഴി പോയി ഇവനെടുത്ത് അവനെ അടിച്ച് അവനെ അടിച്ചെന്നുള്ളത് എല്ലാം ഇതിൽ വേറെന്താണ് കുറെ കുറെ പക്ഷങ്ങള് ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന എന്തെങ്കിലും തീരുമാനമുണ്ടാകും ഉണ്ടാകത്തില്ല അനേക അവിദ്യ വഷത്തിലാണെങ്കിൽ ഒരു ജീവന് ഒരു അവധ്യമുണ്ട് ആ അവധ്യം നശിച്ചു ശരി അവദ്യം നശിച്ചു അവിദ്യകാര്യവും നശിച്ചു പിന്നെ ഇയാളെങ്ങനെ പിന്നെ ബ്രഹ്മം മാത്രമാണ് അയാള് ജീവൻ മുക്തനാവുന്ന ശിഷ്യന് ഉപദേശം കൊടുക്കുന്നെങ്ങനെ അതൊരു വലിയ സമസ്യാണ് മനസ്സിലായോ അതൊരു വലിയ സമസ്യാണ് അതിന് പറയും അതിന് പലതാണ് ഒന്ന് എല്ലാ അവിദ്യയും വെച്ചാലും ഒരു ലേശ അവധ്യ അവിടെ ഇരിക്കും എന്ന് പറയും അവദ്യയ്ക്ക് പല ഭാഗങ്ങളുണ്ട് ഒരു ഭാഗം അവിടെ ഇരിക്കും നശിക്കാതെ ഈ വിറകൊക്കെ അടുപ്പിൽ കഴിഞ്ഞാൽ കുറച്ച് കഴിയാത്തവർ കണക്ക് കുറച്ച് അവിദ്യ അവിടെ ഇരിക്കും നശിക്കാതെ അതും ഉണ്ടെന്തിയും പിന്നീട് ജീവൻ മുക്തനായിരുന്നു ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു ഒരു ഭക്ഷണം വേറെ കൂട്ടറുകൾ അവിദ്യ എല്ലാം നശിച്ചെങ്കിലും പ്രാരബ്ദമെന്ന് പറയുന്ന ഒന്നും ഒരു പ്രാരബ്ദ സംസ്കാരം അതുകൊണ്ട് എന്തു ചെയ്യുന്നു ജീവൻ മുക്തനായിരിക്കാം അതിനെ ആശ്രയിച്ചിട്ട് വേറെ കൂട്ടുകാന്ന് പറയുന്നത് ഇതെല്ലാം നശിച്ച് പൂർണ്ണമായി നശിച്ചു നശിച്ചാലും ഒരു നേട് പോലെ വീണ്ടും ഇതെല്ലാം വീണ്ടും നിൽക്കും ഏതുപോലെ വസ്ത്രം ദഗ്ധപട വസ്ത്രം നയിച്ചുകഴിഞ്ഞാൽ എന്തായിരുന്നു കാറ്റടിച്ചില്ലെങ്കിൽ അതിന്റെ അടയാളവിടെ കിടക്കില്ലേ അതുപോലെ നശിച്ചുകഴിഞ്ഞ എല്ലാം വീണ്ടും കുറച്ചു കാലത്തേക്കൂടെ അതിങ്ങനെ കാറ്റടിക്കുന്നവരി പ്രാരബ്ദിക്കുന്നവർ ഇങ്ങനെ പലപല വ്യക്തികൾ പറഞ്ഞ് ഇതിന് സമാധാനം അല്ല ദ്രമം വിടലും ചിരവന്റെ ദർക്ക അതുപോലെ ാന്റ് പോലെ വീണ്ടും കുറേ കാലം ഇങ്ങനെ അനുവദത്തി ഇതൊക്കെ അദ്വൈത സാറിന് പറയുന്നതാണ് അത് മരുമരീചിക പോലെ അസത്യം ബോധിച്ചാലും വീണ്ടും അത് പ്രതീതി കണ്ടുകൊണ്ടേ അത് അവിടെ ബോധിച്ചാൽ ഇവിടെ നശിക്കുകയാണല്ല ഇവിടെ പൂർണമായും ഭക്തിയും അവിധിയും നശിക്കുകയാണ് നശിച്ചാലും തീകത്തിൽ നശിച്ചാൽ തുണി കുറച്ചു കാലം കിടക്കുന്നതുപോലെ ഇരിഞ്ഞറ കിടക്കുന്നത് കൊണ്ട് ജീവൻ മുക്തനാവും മുടന്ത ന്യായങ്ങൾ പറഞ്ഞാണ് അദ്വീതി എന്ത് ചെയ്യുന്നത് തടി രക്ഷിക്കുന്നു കൃത്യമായി ഒരു വിശദീകരണം കൊടുക്കാൻ പഴഞ്ഞു പോകുന്ന എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ അദ്വൈദികൾ ഒരു ഭാവവിദ്യ സ്വീകരിക്കുന്നുണ്ടാണ് ഈ പ്രപഞ്ചം ഭാവമെന്നോ ഭാവഭാവിലൊക്കെ പറയാം അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ അതുപോലായിരിക്കണം അപ്പോ ഭാവമാണെങ്കിൽ അതിന്റെ നാശം എന്ന് പറയുമ്പം അവിടെ കാര്യകാരണഭാവം വരും രണ്ടു ഭാവങ്ങളാണ് പരസ്പരം ബാധ്യ ബാധക ഭാവം വരുന്നു എന്നുവെച്ചാൽ നാശകഭാവം വരുന്നു കാര്യ കാരണങ്ങൾക്ക് ഇവിടെയൊക്കെ കാലമനുസരിച്ച് അതൊക്കെ കണക്ക് കൂട്ടാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒക്കത്തില്ല അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതെന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് ഈ പ്രപഞ്ചത്തിന് കാരണമായി ഭാവരൂപത്തിലുള്ള ഒരു അവിദ്യ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് തിനെ നശിപ്പിക്കാൻ സമാധി വേണ്ടിവന്നത് സമാധിച്ചെന്ന് നശിപ്പിക്കുമ്പോൾ ആകെ പൊരുപാട് പിടിക്കുന്നു അപ്പോ അതിൽ അദ്വൈതി ചെയ്ത അദ്വൈതിയുടെ ഒരു വലിയ മണ്ടത്തരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവര് ഇരട്ടിനെ ഭാവവസ്തുവായി കണക്കാക്കി മീമാംസകരങ്ങനെ കണക്കാക്കി മീമാംസെന്ന് പറയുന്ന എന്താണ് ഇരട്ടൊരു ഭാവപദാർത്ഥമാണ് വ്യവഹാര ഭാട്ടന് ഇത്തരം കാര്യങ്ങളില് അദ്വൈതികള് എന്താണ് ഈ ഭാട്ടന്മാരെയാണ് പിന്തുടരുന്നത് മാരലഭട്ടന്റെ അല്ല ഇപ്പൊ കുമാരലഭട്ടനെന്ന് വെച്ചാൽ വേദത്തെ രക്ഷിച്ചാളല്ലേ അപ്പൊ വേദം അല്ലെ അദ്വൈതിക്കും പരമപ്രമാണം അതുകൊണ്ട് കുമാരലഭട്ടനോടാണ് അവർക്ക് കടപ്പാട് അപ്പൊ കുമാരന്റെ ആ പക്ഷമനുസരിച്ചാണ് പറയുന്നത് ഈ ഇരട്ടെന്ന് പറയുന്ന ഒരു ഭാവപദാർത്ഥമാണ് അപ്പൊ ഈ താർക്കികന്മാർ നേരത്തെ അവരോട് പറഞ്ഞു ഇതൊരു ഭാവപദാർത്ഥമല്ല ഇരട്ടെന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമാണ് അതൊരു ഭാവവസ്തുവല്ല എന്ന് പറഞ്ഞാൽ ഇവരെ തർക്കിക്കും തർക്കിച്ചിട്ടെന്തെയും അദ്വീതികള് തർക്കിച്ചിട്ട് ഇരട്ടൊരു ഭാവപദാർത്ഥമാണെന്ന് സമൃദ്ധിക്കും എന്തുകൊണ്ട് അവിദ്യയെ ഭൂമിക്കുന്ന ഇരട്ടിനോടാണ് അവിദ്യ ഭാവമാണ് അപ്പൊ ഇരുട്ട് എന്താ ചെയ്യണം ഭാവമായി ഭാവമല്ല ഭാവപദാർത്ഥമായി ഇത് തർക്കികന്മാർ പറഞ്ഞങ്ങനെ അല്ലാന്ന് പക്ഷെ അവരങ്ങനെ ധുനിക ശ്വാസം എന്താ പറയുന്നത് ഇരുട്ടെന്ന് പറയുന്നത് ഇല്ലായ്മയാണ് അതൊരു ഭാവ വസ്തുവന്നുമല്ല വെളിച്ചം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ കണ്ണിന് ഇമേജ് പതിയത്തില്ല അപ്പോ അതിന്റെ മെസ്സേജ് ബ്രെയിനിൽ പോകത്തില്ല ബ്രെയിനിന് വെളിച്ചത്തെയോ വസ്തുക്കളെയൊന്നും ഇന്റർപ്രട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ബ്രെയിനിന്റെ ഒരു ഇന്റർപ്രറ്റേഷനാണ് ഇരുട്ട് എന്ന് പറയുന്നത് ബ്രെയിൻ നമുക്കങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി തരികയാണ് ഇരട്ടം അവിടെ ഒന്നും അത് എന്താണ് വെളിച്ചത്തിന്റെ അഭാവമാണ് വസ്തുക്കളൊക്കെ അവിടെയുണ്ട് വെളിച്ചമുണ്ട് അതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് പക്ഷേ ഈ അദ്വൈതികൾ എന്ത് ചെയ്തു മീമാംസരുടെ മണ്ടത്തരം അവരെയും ആയിട്ട് പിടിച്ചു അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് ഇപ്പോൾ വെളിച്ചം വന്ന് ഇരുട്ടിനെ നശിപ്പിക്കുന്നു ഇരട്ടെന്ന് പറയുന്നൊരു ഭാവവസ്തുവാണെങ്കിൽ നശിപ്പിക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ വെളിച്ചത്തിൽ ഇരട്ടിന് നശിപ്പിക്കേണ്ട ആവശ്യമില്ല മേശ മേശയിൽ പുസ്തകമില്ല ഞാനൊരു പുസ്തകം അവിടെ കൊണ്ട് വെച്ച് പുസ്തകം അവിടെ ഇങ്ങനെ നശിപ്പിച്ച ഇവിടെ മേശയുള്ളത് പുസ്തകം വച്ചപ്പോ മേശ അവിടെ വന്നു അല്ലാതെ പുസ്തകത്തിനോട് വന്നിട്ട് ആവശ്യമില്ല അവിടെ പുസ്തകമില്ല അവരെ വെളിച്ചത്തിന്റെ അഭാവമാണെന്ത് അവിടെ വെളിച്ചം വന്നാ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നു അവിടെ ഒന്നും സംഭവിക്കുന്നില്ല വെളിച്ചം വന്ന അത്രയെന്ന് അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ വേറെന്തെങ്കിലും ഉണ്ടോ അവിടെ ഒന്നും ഇല്ലല്ലോ വെളിച്ചം ഇല്ലായിരുന്നു അവിടെ എന്തോന്നു അവിടെ നമ്മള് പറയുന്നു ഇരുട്ടെന്ന് അവിടെ ഇരുട്ടെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും വെളിച്ചം വരുമ്പോ എന്ത് വരുന്നു വെളിച്ചം വരുന്നു അത്ര വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല ഇരുട്ടില്ലാതെ ഇരുട്ടവിടെ വെളിച്ചം ഇല്ലായിരുന്നു അത്രേ ഉള്ളൂ ഇരുട്ടെന്ന് പറയുന്നൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇരുട്ടെന്ന് പറയുന്ന അവിടെ എന്തോന്നുണ്ടായിരുന്നു എന്ന് വരുന്നോണ്ടാണ് ഭ്രാന്തി അവിടെ ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ വെളിച്ചമില്ലായിരുന്നു അത്രേ ഉള്ളു അപ്പൊ വെളിച്ചം ഇല്ലാതിരുന്നിടത്ത് വെളിച്ചമൊന്നും അത്രേ ഉള്ളു അപ്പൊ വെളിച്ചത്തിന് അവിടെ എന്തിനും നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ആ അത്രയേ ഉള്ളൂ പക്ഷെ അവിടെ ഇരുട്ടെന്ന് പറയുന്നൊരു വസ്തു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വേണ്ടിവരും വെളിച്ചത്തിന് അതിനെ നശിപ്പിക്കേണ്ടത് അപ്പൊ ചോദിക്കും എന്താണ് വെളിച്ചം വന്ന ഉത്പത്തിക്ഷണത്തിലാണോ ഇരുട്ട് നശിച്ചത് അത് അടുത്ത ക്ഷണത്തിലാണോ അത് ഒരു ക്ഷണത്തിൽ അതേ ക്ഷണത്തിൽ നശിപ്പിച്ച കാര്യകാരണഭാവം എങ്ങനെ വരും അതേ ക്ഷണത്തിൽ നശിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ പരസ്പര വിരോധമാവും ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന എന്തുകൊണ്ട് ഇരുട്ടൊരു ഭാവ് വസ്തുവായി സ്വീകരിക്കുന്നുകൊണ്ടാണ് ഇട്ടെന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമാണെങ്കിൽ വെളിച്ചം വരുമ്പോ വെളിച്ചത്തിനോട് ഒന്നിനും നശിപ്പിക്കാൻ ഇല്ല വെളിച്ചം വന്ന വെളിച്ചം വന്ന അത്രയാണ് വെളിച്ചം മറ്റന്നിന്റെ സ്ഥാനത്തല്ല വരുന്നു മറ്റന്നിനെ ഇല്ലാതാക്കിയിട്ടല്ല വരുന്നു പിന്നെന്ത് ചെയ്യുന്നു ഇല്ലാതിരുന്ന വെളിച്ചം കടന്നു വന്ന അത്രയുണ്ട് ഞാനിപ്പോ ഈ മുറിയിൽ ഇല്ലായിരുന്നു പുറത്തായിരുന്നു ഇതിനകത്ത് എന്താണ് ഞാൻ പുറത്തുനിന്ന് വന്ന ഈ കസേരയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും മാറ്റിയിട്ടാണോ അവിടെ ഇരുന്നത് വേറെ ആരെങ്കിലും ഇരിക്കുന്ന സ്ഥാനത്താണോ ആയിരുന്നത് അല്ല ഇത് ഒഴിഞ്ഞുകളെന്ന് ഞാൻ അവിടെ വന്നിരുന്നു അവര് വെളിച്ചം ഇല്ലാതിരുന്ന ഭാഗത്ത് വെളിച്ചം വരുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഈ അദ്വൈതി പറയുന്ന മുഴുവൻ പൊട്ടത്തറുകും ഇരട്ട ഇതുകൊണ്ട് തന്നെ ശരിയാവും വെച്ച ഇരട്ടെന്ന് പറയുന്നത് ഒരു ഭാവവസ്തു അല്ല അതുകൊണ്ട് ഇരട്ടുപോലെയാണ് വിദ്യ അവിദ്യയും അതുകൊണ്ട് ഒരു ഭാവ വസ്തു ആണെന്ന് പറയുന്ന സംബന്ധമാണ് ഇനി അവിദ്യയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ അവിദ്യയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്നുണ്ടായി ആരുണ്ടാക്കി എന്ന പോലും അത് കല്പനകളാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിന്നുള്ളത് കൃത്യമായി മനുഷ്യനറിയാൻ വയ്യാത്തോണ്ട് അവൻ നടത്തിയ ഒരു കല്പനയാണ് എന്താണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് എന്തോ ഒരു ശക്തി ഉണ്ടായിരുന്നു ആ ശക്തിയുടെ പേരാണ് അത് പ്രപഞ്ചം പോലെ ഒരു ഭാവവസ്തുവാണ് അതൊരു ഇരുളാണ് ആ ഇരുട്ടിന്റെ മാർഗം എന്ത് വേണം വെളിച്ചം വേണം അതാണ് അറിവ് അറിവ് എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ അറിവ് യഥാർത്ഥമാണല്ലോ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ അപ്പോ എല്ലാവർക്കും ബോധ്യമുള്ള അറിവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഭാവരൂപത്തിലുള്ള അവിദ്യയെ അദ്വൈതി കല്പിച്ചിട്ട് അതിനെ പ്രപഞ്ചത്തിന്റെ കാരണമാക്കുക ചെയ്തു അത് പഴയകാലത്ത് ഒരു തത്വചിന്ത എന്നുള്ളതിനൊക്കെ ഈ പറയുന്ന കൽപ്പനകളൊക്കെ സ്വീകരിക്കും ഇന്നത് കുറ്റത്തില്ല ഇന്ന് വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരട്ടം എന്നുള്ളത് വളരെ വ്യക്തമായി മനുഷ്യനറിയാവുന്ന കാര്യമാണ് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോ എന്താണ് ഈ പറയുന്ന സിദ്ധാന്തങ്ങളല്ല ഈ വിശദീകരിക്കുന്ന രീതിയിലൊന്നും നിൽക്കാൻ പറ്റില്ല ഇതുപോലെ സമാധിയൊന്നും വ്യാഖ്യാനിക്കാൻ നോക്കത്തില്ല അങ്ങനെ ഒരു ഭാവരൂപത്തിന് ആ വിദ്യ ഉണ്ടായിട്ട് വേണ്ട ബാക്കി കാര്യങ്ങളല്ല പിന്നെ അതിനാ നശിപ്പിക്കുന്നത് അതിനുവേണ്ടി അവരോക്ഷം ഞാനും തന്നെ ഞാനും കൊണ്ട് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പല പല പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലായി അതുകൊണ്ട് വരെ എന്താണ് എന്താണ് ഇനി തത്വജ്ഞാനത്തിന്റെ കാര്യം പറയണെങ്കിൽ അഭിദ്ശങ്കരെന്ന് പറഞ്ഞിരിക്കുന്ന മൂന്നു പേരത്തിലുണ്ട് എന്താണ് ജ്ഞാനാഭാവം സംശയം വിപരീതജ്ഞാന അതാണെങ്കിൽ മനസ്സിലാക്കുകയാണ് പൊണ്ണെന്തുകൊണ്ട് ഒരാഗ് ഞാനുണ്ടായി വരുമ്പോൾ അവിടെ എന്താണ് ഞാൻ ആഭാവം മാറി ഞാൻ ആഭാവത്തിന്റെ സ്ഥാനത്ത് എന്തു വന്നു അപ്പൊ പിന്നെ ഭാവരൂപത്തിനൊരു ആ വിദ്യയെ നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഇന്ന സമാധിയുടെ ആവശ്യമില്ല മനസ്സിലായ സമാധിയിലെ ഈ കാര്യങ്ങളെപ്പോ അവിടെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനാ ബാ അവിടെ എന്തുവന്നു വെച്ച എനിക്കിതുവരെ ബ്രഹ്മത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പൊ ഇതൊക്കെ കേട്ടും പറഞ്ഞു നോക്കിയാൽ മനസ്സിലായി അപ്പൊ എന്റെ അറിവില്ല വന്നു അറിവ് അപ്പൊ പിന്നെ അവിടെ വിദ്യ നശിപ്പിച്ച ഇല്ല മനസ്സിലാണ് പോയത് പിന്നെ രണ്ട് കാര്യങ്ങളാണ് സംശയം ഇതുവരെ എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ ഇത് സംശയം മാറി എന്താ കൊഴപ്പം ഒരു വിഷയത്തെ സംശയം മാറാ പിന്നെ വേറെന്ന് പറയുന്നത് വിപരീയം വിപരീ തന്നെയാണ് എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് പല വിപരീയ ജ്ഞാനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ലോഷന്നു അപ്പൊ അജ്ഞാന സംശയ വിപരീയങ്ങളെയാണ് വിദ്യ എന്ന് പറയുന്നത് ചന്ദ്രാരി പറഞ്ഞു അജ്ഞാന സംശയ ഇവരെയും ഇതിനെയാണ് വിദ്യാ പ്രശ്നം ഈ പറയുന്ന ഒരു പ്രശ്നമില്ല അവിടെ പിന്നെ എന്തിന്റെ ആവശ്യമില്ല സമാധിയുടെ ആവശ്യവും അതാണ് സമാധി കൂടാതെയുള്ള തത്വം സമാധിയിലുണ്ടാകുന്ന അഖണ്ഡാകാര വൃത്തിയും തത്വജ്ഞാനം എന്ന് തന്നെ പറയുന്നത് പക്ഷെ സമാധിയുള്ള തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ ജാഗ്രതയുടെ തത്വം ഞാൻ പറഞ്ഞാൽ ആർക്കു പറഞ്ഞാലും മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് അതിന് ബ്രഹ്മം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ബ്രഹ്മജ്ഞാനത്തിന്റെ കാര്യം പറയും ബ്രഹ്മജ്ഞാനം കൂടെ ജീവിച്ചിരിക്കും കേട്ടു വായിച്ചു ചിന്തിച്ചു മനനഞ്ചു മനസ്സിലാക്കി ബ്രഹ്മജ്ഞാനം ഇന്നതാണ് അതിനെ കുറിച്ച് സംശയം ഇല്ല അതിനെ വിപരിയും ഭ്രാന്തിയില്ല എന്ന് പറഞ്ഞാൽ ക്ലിയറായി അപ്പവിടെ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം ജ്ഞാനാഭാവം അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയുടെ അഭാവം അറിവിന്റെ അഭാവം എന്നുള്ള അർത്ഥം എടുക്കാം അല്ല ഭാവരൂപ വിദ്യ എന്നെടുത്തത് ഈ ഭാവരൂപ വിദ്യ എടുക്കുന്നിടത്താണ് അതിന് മൂലാജ്ഞാനം എന്ന് പറയുന്നത് മൂലാവിദ്യ ഈ മൂലാവിദ്യ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം പോകുമ്പോൾ വരും അപ്പോഴാണ് സമാധി പോകേണ്ടതും കുരുമാരനൊക്കെ വരും മൂലാവിദ്യ എന്തുകൊണ്ട് പറയുന്നു അത് ഈ പ്രപഞ്ചത്തിന് കാരണമായിരുന്ന വിദ്യയാണ് അപ്പൊ അതിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം സമാധി വേണം അതെന്താണ് അത് ഭാവരൂപത്തിലുള്ളതാണ് സമാധി പോയാൽ ആകെ പൊഴി ഇനി അവിദ്യയും നശിച്ചു വൃത്തിയും നശിച്ചു ജീവൻമുക്തിയൊക്കെ പ്രശ്നമാകും ഇവിടെയാണെങ്കിൽ ജീവൻമുക്തിക്ക് പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ട് അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു അറിവില്ലായ്മ ഉണ്ടായിരുന്നു വിപരീതം ഞാനോ ഉണ്ടായിരുന്നു അയാൾക്ക് നല്ല ഉറച്ച ഞാനോണ്ടായി ഇതെല്ലാം പോയി അങ്ങനെ ഞാനുണ്ടായിക്കഴിഞ്ഞാൽ അണി മരിച്ചു ജഗത്തില്ലാതെയാവും ഒന്നുമില്ലാതെ ഒന്നും സംഭവിക്കില്ല പിന്നെ അണി ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ ജീവിമുക്തി എന്ന് പറയുന്നത് എന്താണ് അജ്ഞാനം ഇല്ലായത് അതുകൊണ്ടാണ് മുക്തന എന്ന് പറയുന്നത് അജ്ഞാന സംശയ വിവരങ്ങളില്ലാത്തോണ്ട് മുക്തനെന്ന് പറയും ഇത്രയേ അപ്പൊ സമാധിയുടെ ആവശ്യമേ ഇല്ല സമാധി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രം മാറുകയാണ് ഉം തന്നെ കുറിച്ചുള്ള കുറച്ചുള്ള അറിവില്ലായ്മ മാറുക മാത്രമാണ് എങ്ങനെ എപ്പോ ആരെ കുറിച്ചറ സമാധിയെ കുറിച്ചണോനെ കുറിച്ചാണ് ഈ അവലവനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെ കുറിച്ച് ആരായി എന്തായി അറിയുന്നു എന്നാ പറയുന്നത് ബ്രഹ്മഅ അപ്പൊ തന്നെ ബ്രഹ്മമായി അറിയുന്നു ഞാൻ ബ്രഹ്മമാണെന്നറിയുന്നു അതുവരെ ഞാൻ ശരീരമാണെന്നറിഞ്ഞു ഇതുവരെ എങ്ങനെ അറിഞ്ഞു ഞാൻ ശരീരമാണോന്നറിഞ്ഞു ശാസ്ത്രം എന്താ പറഞ്ഞത് ശരീരമല്ല നീ ബ്രഹ്മമാണ് അപ്പൊ ബ്രഹ്മമാണെന്ന് പറഞ്ഞു അത് സംശയമുണ്ടോ ഇല്ല നീ പറഞ്ഞത് സംശയരഹിതമായിട്ട് ഞാൻ ബ്രഹ്മമാണെന്നറിയുണ്ട് അങ്ങനെ അറിഞ്ഞാലും എന്തു വരുന്നു അയാള് മുക്തി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി മുക്തി എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി ആ മുക്തി ഉള്ള എന്തായി മുക്തനായി ജീവിച്ചു ചത്തില്ല അപ്പൊ ജീവിച്ചിരിക്കുന്ന മുക്തനായി കാര്യങ്ങളുടെ സിമ്പിളാണ് കേട്ടപ്പോ അറിയാം അല്ലെങ്കിൽ ചിന്തിച്ചറിയാം ഏകാഗ്രമായ ചിന്ത കൊണ്ടറിഞ്ഞ ധ്യാനം കൊണ്ടറിഞ്ഞ ഇതൊക്കെ അവിടെയാകാം മനസ്സിന്റെ മനസ്സിനായിട്ട് എടുക്കുന്നില്ല അത് വെറുതെ ടെക്നിക്കലാണ് വെച്ചാൽ ാണ് പ്രധാനം വരുന്നത് ചിന്തിക്കുന്നതുകൊണ്ട് ഒരാൾ പറയുന്നത് മനസ്സിനാണ് പ്രാധാന്യം അറിയുന്നതുകൊണ്ട് മനസ്സിനാണ് പ്രാധാന്യം അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പറയാം എന്താണ് ഇത് ഒരു വാക്യം കേട്ട് അതിനാണ് തുടക്കം അതുകൊണ്ട് ശബ്ദമാണ് പ്രമാണം അതൊക്കെ ശബ്ദവും മനസ്സും കൂടെ ചേരുന്നതാണ് അങ്ങനെയെല്ലാം പറയും അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പറയാം എന്തിനു പ്രാധാന്യം കല്പിക്കണോ പ്രാധാന്യം കല്പിച്ച് പറയും എന്തായാലും ആ അറിവെന്ന് പറയുന്നത് അജ്ഞാന വലിയ സംശയം കൊണ്ട് ഇല്ലാത്ത അറിവെന്ന് പറയുമ്പോ അത് സിമ്പിളായി ബ്രഹ്മത്തെ അറിഞ്ഞു ഒന്നായി എല്ലാം മനസ്സിലാണ് അറിവെന്ന് പറയുന്നത് ഏ അജ്ഞാനം എന്ന് പറയുന്നൊന്നില്ല അജ്ഞാനം എന്ന് പറഞ്ഞാ എന്താണ് അറിവില്ലായ്മ അത് അവരോട് തീരിക്കുന്നില്ല പിന്നെ സംശയവും വിവരമാണെങ്കിൽ അത് മനസ്സിൽ തന്നെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ പോരാ അത് എന്താണെന്നുള്ള കൂടെ ഒരു ഇതാണ് സ്ഥാനത്തിന്റെ ആ ഇതുവരെ അറിവില്ലായ്മ അറിവില്ലായ്മക്ക് പകരം എന്തുണ്ടായി അറിവുണ്ടായി ഇത്രയുള്ളു റിവില്ലായ്മയുടെ പകരമാണ് പിന്നെ അന്ധക്കരണം അറിവില്ലായ്മയുടെ രൂപത്തി ഇരിക്കയല്ല മനസ്സിൽ അറിവുണ്ടായില്ല ഇത്രയുള്ള മനസ്സെന്നറിയുന്നറിവുണ്ടായില്ല അന്ധകരണത്തിൽ വേറെ രൂപമൊന്നും വരുന്നില്ല അറിവെപ്പോഴും അറിവില്ലായ്മ അങ്ങനെ അറിവില്ലായ്മയെ വെച്ചാൽ അങ്ങനെ പരിണാമം സംഭവിക്കുന്നില്ല അറിവെന്ന പരിണാമം സംഭവിക്കാതിരിക്കുക ഇല്ലാതിരിക്കുകയാണ് ഞാൻ ഇത്ര അതൊരാൾ ഇതുവരെ താൻ ദേഹമാണെന്നറിഞ്ഞു അത് ബ്രഹ്മമാണെന്ന് പറയും അപ്പൊ എന്തായാലും ബ്രഹ്മം ബ്രഹ്മം എന്ന് വെച്ചാൽ താൻ നിത്യമാണ് സിദ്ധനാണ് മുക്തനാണ് എന്നൊക്കെ അറിയുക അതാണ് ബ്രഹ്മം സച്ചിദാനന്ദ അതാണ് ബ്രഹ്മം ശാസ്ത്രം തന്നെ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഓരോരോ പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്നു നമ്മള് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന രീതിയിലൊക്കെ എഴുതി വച്ചിരിക്കുന്നു മനസ്സിലാക്കി പറയും അത് എന്താണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പടക്കം പൊട്ടും പോലെ ഉണ്ടാവും അത് സമാധിയെ കുറിച്ച് തന്നെ പറയുന്നു പക്ഷെ അത് പൊതുവെ വരുന്ന നാദാനുസന്ധാനം എന്ന് പറയുന്ന ഒരു അഭ്യാസത്തിന്റെ ഫലത്തെ കുറിച്ച് പറയുന്ന സമാധി എന്ന് പറയുന്നത് ഇപ്പൊ യോഗികൾക്ക് സമാധി ഉണ്ടാകും ഇങ്ങനെയൊന്നും തന്നെ സംഭവിക്കുന്നു യോഗിയുടെ സമാധി കുറച്ചുകൂടെ സിമ്പിളാണ് അദ്ദേഹം ആണെങ്കിൽ സമാധി ഇത്തരം യോഗിയുടെ സമാധി എന്താ പറയുന്നത് അദ്ദേഹം സമാധി ഉണ്ടാവുന്നു വീണ്ടും അഭ്യാസം തുടർന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആ സമ്പ്രജ്ഞാത സമാധി നശിച്ചുപോവുകയാണ് അത് നശിച്ചുപോയി കഴിഞ്ഞാലും അവിടെ ചിത്തശേഷിക്കും ചിത്ത സംസ്കാരം ശേഷിക്കും പിന്നെ അവിടെ ജ്ഞാനം ഇല്ല അഭ്യാസം കൊണ്ട് ചിത്തത്തെയും എന്താണ് സംസ്കാരത്തെയും നിരോധിക്കുകയാണ് അതിനെ വിനയിപ്പിക്കുകയാണ് അപ്പൊ അവിടെ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു പറയുന്ന പ്രശ്നമൊന്നും ഇല്ല ഭാവാജ്ഞാനം അതിന്റെയൊന്നും ആവശ്യം അവിടെ സമാധി കുറച്ചുകൂടെ അദ്വൈതിയുടെ സമാധിയിൽ ഈ തത്വം ജ്ഞാനവും സമാധിയും എല്ലാം കൂടെ ഒന്നാണ് ഇത് വഷളായിപ്പോയി യോഗിയുടെ എളുപ്പമാണ് കാരണം അവര് വൃത്തികളെ നിരോധിക്കുകയാണ് ചെയ്യുന്നത് അഹംബര എന്നല്ല അവരെ ധ്യാനിക്കുന്ന അവര് ഏതെങ്കിലും ഒരു വിഷയത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ചുള്ള ഉണ്ടാവും ആ ജ്ഞാനത്തെയും നിരോധിച്ചു പിന്നെ എന്തിനെ നിരോധിക്കണം ചിത്തത്തെ നിരോധിക്കണം അപ്പൊ നിരോധാഭ്യാസാണ് അവര് ചെയ്യുന്നത് ആ നിരോധാഭ്യാസം കൊണ്ട് ചിത്തവും അതിന്റെ വൃത്തികളൊക്കെ ലയിക്കുന്നു അവിടെ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല അതുകൊണ്ട് യോഗിയുടെ സമാധി കുറച്ചുകൂടി സിമ്പിളാണ് അനുഭവങ്ങളുണ്ടാകുന്നു പ്രത്യേക അതൊക്കെ പറയുന്നുണ്ട് ഏഹ് സമാധി അനുഭവം അല്ല സമാധി പരിശീലിക്കുന്ന ആർക്കും അനുഭവങ്ങൾ ഉണ്ടാകാം എന്ത് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാം കാരണം മനസ്സുകൊണ്ട് അഭ്യാസം ചെയ്യുന്നു ഇവിടെ അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം അയാൾ ശീലിക്കുന്ന എന്താണ് അഹം ബ്രഹ്മാസ്മി തുമസി മഹാവാക്യങ്ങളെ ആവർത്തിക്കുകയാണ് അപ്പൊ മഹാവാക്യങ്ങൾ ആവർത്തിക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രത കൊണ്ട് മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ വന്നൂടാന്ന് പറയാൻ പറ്റില്ല അത് മനസ്സിന്റെ ഏകാഗ്രതയുടെ ഫലമായിട്ട് പക്ഷെ ഉണ്ടാകേണ്ടതെന്താണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അഹം ബ്രഹ്മാസി എന്നുള്ള ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത് മറ്റെന്തെങ്കിലും ഏകാഗ്രതയുടെ ഫലമായി എന്തെങ്കിലും അനുഭവം ഉണ്ടാവില്ല അത് അധീനിക്കാതെ ആവശ്യമുള്ളതാണ് െന്ന് പറൻ പറ്റില്ല അന്ത് വേണ്ടത് എന്താണ് ബ്രഹ്മജ്ഞാന മറ്റൊക്കെ ഉപാസിക്കുകയാണെങ്കിൽ ദേവതകളെ ഉപാസിച്ചു കഴിഞ്ഞാൽ ദേവതാ പ്രത്യക്ഷം ഉണ്ടാവും അതിന്റെ ഓരോന്നിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന്റെ പ്രത്യക്ഷ ഉണ്ടാവും യോഗിയെ പോലെ ചിത്തവൃത്തി നിരോധിക്കുകയാണെങ്കിൽ അതുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ അദ്വൈത ധ്യാനമാണെങ്കിൽ അതും ഉണ്ടാവും അദ്വൈതജ്ഞാനത്തിനു മുമ്പ് ഈ പറയുന്ന ദേവതാധ്യാനം അത് ഇതും എന്തു വേണോ സംഭവിക്കാമെന്ന് അദ്വൈതീ സംഭവിക്കുന്നുണ്ട് കാരണം അദ്വൈത യോഗ ശാസ്ത്രത്തെ പക്ഷെ അതൊന്നും മോക്ഷത്തിനുപകരിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമേ ഉള്ളൂ അവർക്ക് അത്ര സാധനങ്ങളാ അത്ര പദ്ധതികളെ ഒന്നും അധികം നിഷേധിക്കുന്നില്ല പക്ഷെ അതൊന്നും മോക്ഷത്തിനുപകരിക്കില്ല അത് ഈ ഭക്തിയുടെ വഴിക്ക് പോകുന്നവർക്കാണെങ്കിൽ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ദേവത എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ജീവസ്വരൂപമാണ് ആ ജീവസ്വരൂപമായതുകൊണ്ട് അവര് ധ്യാനിക്കുമ്പോൾ അവരുടെ ഉള്ളി വരാം അതൊരു അവര് അതൊരു ജീവസ്വരൂപായത് കൊണ്ട് അതായത് അതൊരു ജീവി വർഗമാണ് ദേവത അതുകൊണ്ട് അവർക്ക് പുറത്തും വരാം മനസ്സിലായോ ദേവത എന്ന് പറയുന്നത് ഈ ധ്യാനിക്കുന്നവനെ പോലെ തന്നെ എന്താണ് ഒരു ജീവി വർഗമാണ് അപ്പൊ അവന് ആ ദേവതയ്ക്ക് പുറത്തു വന്ന് പ്രത്യക്ഷപ്പെടാം പറയാം ദേവതാ സാക്ഷാത്കാരം ഉള്ളിൽ മാത്രം സംഭവിക്കണമെന്നില്ല പുറത്തും പറയാം മറ്റ് കാരണം പല ജീവവർഗങ്ങളുണ്ട് ദേവ യക്ഷ ഗര ഗന്ധർവന്മാരെല്ലാം ഇവര് ഈ മനുഷ്യജീവിയെപ്പോലെ തന്നെ മറ്റൊരു ജീവി ആ ദേവതയ്ക്ക് മനുഷ്യരുടെ മുമ്പി വരാം അതാണ് ദേവത മുമ്പ് കണ്ടെന്ന് സംസാരിച്ചെന്നൊക്കെ പറയും അത് വരുന്നില്ല ഏഹ് ഇതൊന്നും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആധുനിക സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല ശാസ്ത്രജ്ഞ അല്ല ഇന്ന് പറയാൻ പറ്റില്ല അതായത് അനേക ജീവി വർഗങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് സ്വീകരിക്കുമ്പോൾ ദേവവർഗംന്ന് പറയുന്ന ഒന്നും ഉണ്ട് അവര് നമ്മളെപ്പോലെ തന്നെ ഒരു ലോകത്താണ് ആ ലോകത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മുടെ മുമ്പ് വന്നിരുന്ന് ഇതുപോലെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കും അവർക്ക് പുറത്തു വരാം പുരാണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അതായത് ധ്രുവൻ തപസ് ചെയ്ത് തപസ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു മഹാവിഷ്ണു മുമ്പ് വന്നു അവര് തമ്മിൽ വർത്തമാനം പറഞ്ഞു ഇതുപോലെ സംഭവിക്കാം പുരാണങ്ങൾ പറയുന്ന അനുസരിച്ച് പൂന്താനത്തിന് മുമ്പിൽ വിഷ്ണു വന്ന് നിന്നിട്ട് പറഞ്ഞു വാക്കുകാര് ഇതിൽ കയറുന്നു കേറ്റിക്കൊണ്ടുപോയി ഇതൊക്കെ സംഭവിക്കാം അത് ഉള്ളി തോന്നുന്നതല്ല പുറമേ തന്നെ വരാമെന്നാണ് എന്ത് ശാസ്ത്രം പറ അല്ല എന്റെ മുമ്പിൽ ആരെങ്കിലും വന്നല്ല ഞാൻ പറയും ശാസ്ത്രങ്ങൾ പറയുന്നതും ഈ കഥകൾ പറയുന്ന അനുസരിച്ച് ദേവ വർഗങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തു വരാനുണ്ട് ഉള്ളിൽ തോന്നുന്നുണ്ട് ഉള്ളിലും തോന്നും കുട്ടിച്ചാത്ത എൻ നേരെ മുമ്പ് വന്നിരിക്കേശപ്പുറത്തിരിക്കും കുട്ടിച്ചാത്ത് അതിനെ ഞാൻ സ്വാധീനിച്ചു കഴിഞ്ഞ അല്ല എന്റെ ഉള്ളിലല്ലോ കുട്ടിച്ചാത്ത് അതിനെ ഉള്ളതാണെന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് അവര് പുറത്തു വരുന്നതായിട്ടും അംഗീകരിക്കുകയായിരുന്നു ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ് പഴയകാലത്ത് ആൾക്കാർ പറയുന്നത് ഞാൻ എൻ്റെ മുമ്പിൽ കൃഷ്ണനെ കാണുന്നുണ്ട് മുമ്പ് വന്നിരിക്കുന്നു കൃഷ്ണൻ ദേവന്മാരെന്ന് പറയുന്നൊരു വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ആരും വരാത്തതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം വിശ്വസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നത് നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവര് പറയുന്നത് മുമ്പ് വന്നിരിക്കുന്നതോ ഞങ്ങളുടെ അനുഭവം എന്നാണ് നമ്മളെ സംബന്ധിച്ച് വിശ്വാസം വിശ്വസിക്കുകയും തള്ളിക്കളയും ചെയ്യും അതൊക്കെ അസംബന്ധമാണെന്ന് പറയാം അവരെ സംബന്ധിച്ച് അത് വിശ്വാസമുണ്ട് അവരെഴുതിയിരിക്കുന്ന അങ്ങനെയല്ല ഉണ്ടെന്നാണ് നമ്മളെ സംബന്ധിച്ചാണ് വിശ്വാസവും വിശ്വാസം അല്ലാതെ ആവുന്നു വിശ്വാസങ്ങളൊന്നും നിർബന്ധമില്ല വിശ്വസിക്കാതിരിക്കശ്വാസമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞിരിക്കുന്ന അങ്ങനെ അത് ഉള്ളതെന്നാണ് മറ്റു ജീവവർഗങ്ങളുള്ളത് ഗുരുവനെ എഴുതിയിട്ടില്ല ഈ ഭൂലോകത്തിൽ അനേക ഉള്ളതുപോലെ തന്നെ വേറെയും ജീവർഗങ്ങളുണ്ടെന്നും ആ വിശ്വാസമല്ല ഉണ്ടെന്ന് എഴുതിയിരിക്കുകയാണ് നമുക്കത് വിശ്വസിക്കാത്ത അടുക്കള എഴുതി ചെയ്യാം മറ്റ് ലോകങ്ങളുണ്ടെന്ന് പറയും പോലെ തന്നെ സ്വർഗ്ഗമെന്ന് പറഞ്ഞാൽ ഉള്ളിലാണെന്ന് പറയാം അങ്ങനെയല്ല നമ്മൾ പോയ ഒരു ലോകമുണ്ട് ആ സ്വർഗ്ഗ ലോകം അവിടെ ചെന്നു അവിടെ പറയുന്ന പോലെ തന്നെയാണ് വിശ്വാസം എന്ന് പറയാം അല്ലാതൊരു യഥാർത്ഥമാണെന്നും പറയാം പുരാണങ്ങളിൽ പറയുന്നത് യഥാർത്ഥമാണെന്നാണ് നമ്മളില്ലാതെ ചിലർ വിശ്വസിക്കുകയും ചിലർ തള്ളിക്കളയുന്നുണ്ട് അങ്ങനെ നമ്മള് ധ്യാനിച്ച് ഇതിനെ ഉള്ളിൽ അവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പുറത്തു വരും ഏ അതിപ്പോ നമ്മള് നമ്മുടെ അച്ഛന്റെ അമ്മയൊക്കെ നമ്മുടെ പുറത്തല്ലേ ചിന്തിച്ച് അവരൊക്കെ രൂപം കൊണ്ടുവരത്തില്ലേ അതുപോലെ അവര് പുറത്തുള്ളതുകൊണ്ട് എങ്ങനെ അത് ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകാറുണ്ട് ഇപ്പൊ മരിച്ചുപോയ അതെവിടെ ഒന്നുണ്ടോ എന്താണ് നഷ്ടപുത്ര ദർശനം എന്നൊക്കെ പറയുന്നു മകൻ മരിച്ചുപോയി കഴിഞ്ഞാല് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മകം മുമ്പ് വന്നതിലച്ചാന്ന് വിളിക്കുന്നു കാണുന്നു ചിലപ്പോൾ ഉള്ളി കാണുന്നു അതൊക്കെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് സ്വപ്നത്തിൽ അച്ഛനേ അമ്മയൊക്കെ കാണുന്നുണ്ട് അതുപോലെ സ്വപ്നത്തിൽ അച്ഛനേ അമ്മയൊക്കെ എങ്ങനെയാ കാണുന്നു അവര് വളരെ ജീവനോടുകൂടി സജീവമായിരിക്കും അവരുമായിട്ട് എല്ലാ ഇടപാടും നടത്തേ അതുപോലെ സ്വപ്നം പോലെയുള്ള അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പ്രചാരം വന്നത് അപ്പം ഇതിനൊക്കെ ഇതാണ് നിങ്ങൾ പുരാണങ്ങളെയൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അംഗീകരിക്കാൻ പുരാണത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട് അതിനെയൊക്കെ തള്ളികളയുണ്ട് ഇത്രേ ഉള്ളൂ ഇതിനെ പ്രമാണമായി സ്വീകരിക്കുക എല്ലാ പ്രത്യക്ഷത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല പുരാണത്തെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം അംഗീകരിക്കും നബിക്ക് ജബ്രീൽ എന്ന് പറയുന്നവര് ജിന്ന് വന്നിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തെന്ന് പറയുന്നു നബി നേരെ കണ്ട് സംസാരിച്ച് എഴുതാൻ പറഞ്ഞു നബി അവിടെ എഴുതി ഒക്കെ ചെയ്തു അപ്പൊ പുറമേ വന്നിരുന്നു കണ്ടെഴുതിക്കുകയൊക്കെയാണ് ചെയ്തത് പുറമേയാണ് കണ്ടിട്ട് എഴുതാൻ പറഞ്ഞ് ഒക്കെ എഴുതിയത് അണ്ടായിരുന്നു അവിടെ കല്ലിലിന്റെ പുറത്തുനിന്നിരുന്നു എന്നാണ് പിന്നെ അത് മനുഷ്യൻ വിശ്വസിക്കുന്നുയില്ല എന്നുള്ളതാണ് അടുത്ത വർഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ുള്ള ഇതൊക്കെ ഉള്ളിലാണെങ്കിലോ അവര് പറയുന്നത് അവര് നമ്മളല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവരുടെ വാദല്ലേ കല്ല അല്ല നമ്മുടെ വാദം നമുക്കതേ വിശ്വസിക്കാ നമ്മക്കൊന്നേ അത് വിശ്വസിക്കാണെങ്കിൽ തള്ളിക്കള അവരെ സംബന്ധിച്ച് വിശ്വാസമല്ല അവർ കല്ലിൽ വന്നിരുന്നു ഭർത്താവ് പറഞ്ഞി എന്റെ മുമ്പിൽ ഒരാളെ ഇരിക്കുന്നു ആരെങ്കിലും എന്നോടൊന്നു പറയണെങ്കിൽ ഉള്ളിലാണ് ഇരിക്കുന്ന ഞാൻ ഏഹ് ആ അതാണ് വിശ്വാസം പറയുന്നു അപ്പൊ വിശ്വസിക്കളയ നമുക്ക് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മള് തള്ളിക്കളയുന്നു എങ്ങനെ ഞാനും പറയുന്നുണ്ടെങ്കിൽ എല്ലാ ബ്രെയിൻ ഒരുപോലല്ല പ്രവർത്തിക്കും മനസ്സല്ലല്ലോ ബ്രെയിൻ അപ്പൊ പിന്നെ ആധുനികമായ ശാസ്ത്രത്തിലേക്ക് വരേണ്ടി മനുഷ്യന്റെ ബ്രെയിന് പലതരത്തില് പ്രവർത്തിക്കും അപ്പം മനസ്സും പലതരത്തിലാവും അപ്പൊ പല അനുഭവങ്ങളും ഉണ്ടാകും അതൊക്കെ പിന്നെ അങ്ങോട്ട് പോവേണ്ടി ഇതൊക്കെ പഴയ പണ്ട് ബ്രെയിനിനെ കുറിച്ച് അറിയില്ല മനസ്സിനെ കുറിച്ച് അറിയും മനസ്സിലെന്തോക്കെ സംഭവിക്കും ഇന്ന് മനസ്സെന്തോ ഒരു സംഭവം ഇന്ന് മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച് അറിയാം അപ്പൊ ബ്രെയിനിന്റെ മാറ്റങ്ങളാണ് മനസ്സെന്ന് അറിയാം ഇങ്ങനെ ചിന്തിച്ചവർക്കൊക്കെ ഈ അനുഭവം ഉള്ളത് കൊണ്ടല്ലേ വീണ്ടും ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ വേണമെന്നുല്ല അന്ധപരമ്പര എന്ന് പറയുന്ന ഒരാൾക്കുണ്ടായ അനുഭവം അന്തപരമ്പേ അപ്പം പറഞ്ഞു ആ അവിടെ ഇരിക്കുന്ന ആലിന്റെ മേളിന്ന് ഞാൻ കണ്ടെന്ന് അപ്പൊ അപ്പങ്ങനെ മനസ്സിലായവിടെ എക്ഷിണ്ടെന്ന് അപ്പൻറെ അപ്പൂക്കം പറഞ്ഞു ഞാൻ എന്റെ അപ്പൂപ്പം പറഞ്ഞു ഞാൻ എന്റെ അപ്പൂക്കം പറഞ്ഞു ഇവരാരും കാണണമെന്നില്ല ഇവരെല്ലാം രേഖപ്പെടുത്തി വെച്ചെന്താണ് ആരുടെ മേലിനിട്ടുണ്ട് ഇതിനാണ് അന്ധപരമ്പരന്ന് പറയും അന്ധപരമ്പരയിലൂടെയും വരാം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാ അന്ധപരമ്പരന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാത്ത ഞാൻ പറഞ്ഞു പറയുന്നു യഥാർത്ഥം ഉണ്ട് ആഹ് അപ്പൊ യഥാർത്ഥ അനുഭവം ജീവിക്കും യഥാർത്ഥ അനുഭവം ജീവിക്കും രണ്ടുപേജീവിക്കും അപ്പൊ അതിൽ ഏതാണ് യഥാർത്ഥം ഏതാണ് യഥാർത്ഥം ഏതാണ് അന്ധ പരമ്പര ഏതാ അല്ല എന്നുള്ള നമ്മള് കണ്ടെത്തുന്നത് നമുക്ക് അനുഭവം അതായത് നമുക്ക് എന്താണ് ബോധിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ധപരമ്പരയായി സ്വീകരിക്കേണ്ട കാര്യമുണ്ട് അത് ഒരു അവരുടെ അനുഭവത്തോടെ മനുഷ്യർ പൊതുവായിട്ടെ എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് വെളിച്ചം സൂര്യൻ നമുക്ക് കിട്ടുന്നു എല്ലാവർക്കും ശാസ്ത്രത്തിൽ എഴുതി വെച്ചുകൊണ്ട് അത് അന്ധപരമ്പരയാവത്തില്ല അതുപോലെത്തൊരാളോട് ശാസ്ത്രപരമായിട്ട് എഴുതി വെച്ചാൽ കാണുന്നവരെ അവര് ബോധ്യപ്പെടുന്ന ു പിന്നീട് അയാൾ വെളിച്ചം കാണുന്നത് വിശ്വസിക്കുന്നത് എന്തായാലും വെളിച്ചം കാണാത്ത എല്ലാ മനുഷ്യനും വെളിച്ചം കാണുവല്ലോ തന്നെ നമ്മുടെ അനുഭവം ശാസ്ത്രീതി നമുക്ക് എല്ലാവരും വെളിച്ചം കാണുമല്ലോ അത് വെളിച്ചം എല്ലാവർക്കും കാണാൻ പറ്റിയ സാധനം നമ്മുടെ അവസ്ഥ ആ എല്ലാവർക്കും അനുഭവം ഇല്ലാത്തോണ്ട് ഏതനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ശാസ്ത്രം എഴുതിയ ശാസ്ത്രം എഴുതിയ ആൾക്കും ഒരു അനുഭവം പലർക്കും പല അനുഭവം അല്ല നമുക്കുണ്ടാവും പിന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ സ്വീകരിച്ചാൽ പറ്റില്ല നടപ്പുള്ള ഒന്നിനെ സ്വീകരിക്കുന്നു അതിനെ സ്വീകരിച്ചാലും അതറിയുന്നത് വരെ നമുക്ക് ആ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു വിശ്വസിക്കാൻ തന്നെ അതിപ്പോ സ്വർഗത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു അപ്പോ എന്നും അനുഭവം അങ്ങനെയുള്ളത് സ്വീകരിക്കണമെന്നു പഠിക്കേണ്ടത് അങ്ങനെയാണോ ഇന്ന് ലോകം മുഴുവൻ വെളിച്ചത്തെ കുറിച്ച് പഠിക്കുന്നില്ല എത്ര എത്രയല്ല എത്ര മാത്രം പഠിക്കുന്നു അതൊരു ശാസ്ത്രത്തിന്റെ ഒരു സബ്ജെക്ട് തന്നെയാണ് വിളിച്ചത് പഠിച്ചിട്ടും തീരാത്ത ഒരു വിഷയം അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലും പോകുന്നു ആഴത്തോളം പഠിക്കുന്നു ആഴത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പഠിച്ചു തീരല്ലല്ലോ ഒരു വിഷയം ഏതെങ്കിലും പഠിച്ചു തീർക്കാൻ പറ്റും എന്താ ഇപ്പൊ ഉദ്ദേശം പറഞ്ഞേ അനുഭവമാണ് ില്ല ശരി സമയം പോലെ ഏറെ